ിർ ഓൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിനു മുമ്പ് നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചുവോ തീർച്ചയായും ഇത് നിങ്ങൾ നഗരത്തിൽ വെച്ച് ആസൂത്രണം ചെയ്ത ഒരു തന്ത്രമാണ് അവിടുത്തെ ജനങ്ങളെ പുറത്താക്കാനാണത് ഉടനെ നിങ്ങളതറിയും